അന്നമയമായ ശരീരത്തിന് തരണം ചെയ്ത് പ്രാണന്റെ മണ്ഡലത്തിലേക്കെങ്കിലും പോകണമെങ്കിൽ ഒന്ന് കർമ്മത്തിനെ യോഗമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ അങ്ങോട്ട് പോവാനേ ഒക്കില്ല ബി ടോട്ടലി ബ്ലോക്ക്ഡ് ഹിയർ കർമ്മം യോഗമാവണം അന്നം സംശുദ്ധമാവണം ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ അന്നം ശുദ്ധമാവുകയും കർമ്മം യോഗമാവുകയും ചെയ്തു കഴിയുമ്പോൾ പതുക്കെ ഒരു ഒരു സ്പെഷ്യൽ നെർവ് ഉള്ളില് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങും അധ്വാ എന്നാണ് പറയുന്നത് അധ്വാ എന്ന് പറഞ്ഞ വഴി എന്നാണ് അർത്ഥം അധ്വാ എന്ന് തന്നെ വിളിക്കപ്പെടുന്ന ചില നാഡീവിശേഷങ്ങള് അകമേക്ക് പ്രവർത്തിച്ചു തുടങ്ങുമ്പോ ഇയാള് ഇതുവരെ കാണാത്തതും ഇതുവരെ കേൾക്കാത്തതുമായ അറിവുകൾ ഇവന്റെ ഉള്ളിൽ ഉണർന്നു കാണപ്പെടും ആ ശക്തി വിശേഷം കൊണ്ട് ഭാവമവ്യയമിക്ഷത്തെ എല്ലാറ്റിന്റെ ഉള്ളിലും ഒരു എക്സ്രേ വിഷൻ ഒരു എക്സ് റേ ഒരു സ്കാൻ പോലെ ഉള്ളിലെങ്ങനെ ഇരിക്കുന്ന വസ്തുവിനെ കാണുന്ന പോലെ ഈ ശരീരം മനസ്സ് ബുദ്ധി ഇതുകൊണ്ടൊക്കെ തടസ്സപ്പെടപ്പെടാതെ പ്രതിബന്ധിക്കപ്പെടാതെ അകത്തുള്ള ജ്യോതി ആവരണമൊഴിഞ്ഞു നിൽക്കുന്നത് നിരാവരണ ദൃഷ്ടിയായ ഒരു തത്വദർശി കാണുന്നു അപ്പോ അത്തരത്തിലുള്ള കാണാനുള്ള ഒരു ശക്തി ഉണ്ടല്ലോ ആ അറിവ് അത് സാത്വികം ജ്ഞാനം എന്ന് പേര് അറിവ് സത്വഗുണസമ്പന്നമായ അറിവ് ആ അറിവ് നമ്മൾ അത് സത്വഗുണത്തിൽ നിന്നാണ് ആ അറിവ് വരുന്നത് അറിവിന് ഒരു ഒരു ഡൈനാമിസം വേണമെങ്കിൽ ഏതെങ്കിലും ഗുണം വേണം അല്ലെങ്കിൽ ആത്മാവ് അറിവാണ് അത് ഗുണാതീതമാണ് അത് സ്വയം പ്രകാശമാണ് പക്ഷെ അത് ഡൈനാമിക് പ്ലെയിനിൽ വരുമ്പോൾ ഇറ്റ് ഹാസ് ടു ഹാവ് കോണ്ടാക്ട് വിത്ത് ൈതർ സത്വഗുണം ഓർ രജോ ഗുണം ഓർ തമോ ഗുണം അപ്പൊ ബേസിക്കാണ് സത്വഗുണം സത്വഗുണത്തിനോട് കോണ്ടാക്ട് വരുമ്പോ എന്താ എല്ലാറ്റിനു പുറകിലുമുള്ള അദ്വൈതമായ തത്വം കാണും രമണ ഭഗവാൻ തിരുവണ്ണാമലയിൽ കാർത്തിക ദീപം നടക്കണു അപ്പോ ധാരാളം ജനങ്ങൾ ഇങ്ങനെ വരും പ്രദക്ഷിണത്തിന് ലക്ഷക്കണക്കിന് ഇന്നൊക്കെ ഇരുപത്തി അഞ്ച് ലക്ഷമൊക്കെയാണ് പറയണത് ആളുകൾ അപ്പോ അതില് അന്ന് അത്രയൊന്നും വരില്ല അധികവും അടുത്തുള്ള ഗ്രാമങ്ങളിലുള്ളവരൊക്കെ വരും അരുണാചലത്തിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് പോകും ചിലര് അടുത്തുപോലും വരാൻ പറ്റില്ല അങ്ങനെ വരണവരൊക്കെ അടുത്തുള്ള കുളങ്ങളിലൊക്കെ കുളിച്ച് ഈറനോടുകൂടെ അങ്ങനെ വന്ന് ആശ്രമത്തിൽ വന്ന് മഹർഷിയും കണ്ട് നമസ്കരിക്കും മഹർഷി അവരോടൊക്കെ അന്നത്തെ ദിവസം വളരെ പ്രസന്നമായിട്ടു ഈ ഭക്തന്മാർ ഈ സാധു ജനങ്ങള് ഒക്കെ ഈ ഇന്ന് നമ്മളെ പോലെ അരിസ്റ്റോക്രാറ്റിക് ഗ്രൂപ്പൊന്നും ഉണ്ടാവില്ല ഒക്കെ സാധു ജനങ്ങൾ ഈ ഗ്രാമത്തിലുള്ള ആളുകള് അവരുടെ കൃഷിയും അവരുടെ പണികളും ഒക്കെ നിർത്തിവെച്ച് കുട്ടികളെയൊക്കെ തോളും വെച്ചുകൊണ്ട് ഇപ്പൊ പോലും നിങ്ങൾക്ക് കാണാതെ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ തോളിലും വെച്ചുകൊണ്ട് ബാഗ് എടുത്ത് ആ പതിനാല് കിലോമീറ്റർ പ്രദക്ഷിണത്തിന് വരും വരുമ്പോ ആശ്രമത്തിലും വരും ആ വരുന്ന കുളത്തിലൊക്കെ മുങ്ങിട്ട് മുങ്ങിട്ട് വരും ചളിവെള്ളമൊക്കെ അവിടെയൊക്കെ ആയി മഹർഷിയുടെ മേലയും തെറിക്കും അപ്പൊ ആശ്രമത്തിലുള്ളവരൊക്കെ വിചാരിച്ചു ഇവരെ തടുക്കാനും പറ്റില്ല മഹർഷിയുടെ അടുത്തും ഇവർക്ക് അന്നത്തെ ദിവസം ഒരു ടൈം ദർശന സമയം ഈ സമയത്തെ കാണുള്ളൂ പറയാൻ പറ്റില്ല ഒരിക്കലും അങ്ങനെ പരീക്ഷിച്ചു നോക്കി നമ്മുടെ ആശ്രമത്തില് പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും നടുവില് മഹർഷിയുടെ ഹാളിന്റെ ഉള്ളിൽ ആരും പോകരുത് അദ്ദേഹത്തിനെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറഞ്ഞു നോക്കി അപ്പോ അന്ന് ദിവസം കുറച്ച് കഴിഞ്ഞപ്പോ അവിടുത്തെ അറ്റൻഡന്റ് ഓടി ഓഫീസിലെ സർവാധികാരി പ്രസിഡന്റിനടുത്ത് വന്ന് പറഞ്ഞു മഹർഷി ഭഗവാൻ പുറത്തിരിക്കണെന്ന് ഓടി പറഞ്ഞു എന്താ ഭഗവാൻ വിശ്രമിക്കാൻ പോയില്ലേ അല്ല അവിടെ ആരോ പറഞ്ഞു പന്ത്രണ്ടിനും രണ്ടിനും നടുവിൽ ഉള്ളിൽ പോവാൻ പാടില്ലാന്ന് മറ്റുള്ളവർക്ക് എന്ത് നിയമമാണോ അത് നിയമമാണോ എനിക്കും അപ്പൊ ഇങ്ങനെ അറിയണത് കൊണ്ട് അവരൊരു ടെക്നിക്ക് ചെയ്തു എന്താന്ന് വെച്ചാൽ ഈ നടുവിലിത് ഒരു തടസ്സത്തിന് ഇങ്ങനെ ഒരു സാധനം വെക്കണ പോലെ മുമ്പിൽ റെയിലിങ്സ് ഇപ്പോഴും ഉണ്ട് അതൊക്കെ അവിടെ പോയാൽ കാണാൻ നിൽക്കുക അത് അവിടുത്തെ ആ ജോലിക്കാരനോട് പറഞ്ഞു ആ റെയിലിങ്സ് എടുത്ത് കുറച്ച് തള്ളി ദൂരത്ത് വെക്കുക അപ്പൊ ജനങ്ങൾ അങ്ങനെ പോയിക്കോളും അടുത്ത് പോയിക്കോളും പക്ഷെ അത് മഹർഷി റൂമിലുള്ളപ്പോ ചെയ്യരുത് ജ്ഞാനികളെ പോലും നമ്മൾ പറ്റിക്കാൻ നോക്കും നല്ല ഇച്ഛ നല്ല ഇന്റൻഷനാണ് പക്ഷെ അപ്പൊ മഹർഷി നടക്കാൻ പോയ സമയത്ത് ഈ ജോലിക്കാരൻ ആ റെയിലിങ്സ് എടുത്ത് തള്ളി അറ്റത്ത് വെച്ചു കുറച്ചു കഴിഞ്ഞപ്പോ മഹർഷി തിരിച്ചു വന്നപ്പോ ദേഹം ചെയ്യണത് ചെയ്തിരിക്കണത് കണ്ടു കണ്ടപ്പോ കൃഷ്ണസ്വാമി പേര് അദ്ദേഹത്തിനു ഹേ കൃഷ്ണസ്വാമി നീ എന്നെ പണിയിരിക്കു അല്ലേ ഭഗവാനേ കൂട്ടം കൂട്ടമാ ജനങ്ങൾ എല്ലാം ഗ്രാമത്തി മക്കൾ എല്ലാം വരുവാ അഴുക്കഴുക്കുമട്ട ദൂരമാ പോകട്ടും എട്ടി പോകട്ടും അപ്പൊ വെക്കിസ്ല ആശ്രമത്തിലെ ഭരണാധികാരികൾ എന്തെങ്കിലും തീരുമാനം എടുത്താൽ ഒരിക്കലും മഹർഷി അത് മാറ്റുകയേ ഇല്ല പക്ഷേ തിരുത്തും തന്റേതായ രീതിയിൽ ഫസ്റ്റ് അനുസരിച്ച് കാണിച്ചിട്ട് തിരുത്തും അപ്പോ അവര് പറഞ്ഞത് നീ കേട്ടുവല്ലോ അപ്പൊ ഇനിയിപ്പോ ഞാൻ പറയണതും കൂടെ ഒന്ന് കേൾക്കൂന്ന് പറഞ്ഞു ആ റെയിലിങ്സ് അവിടെ വെച്ചില്ലേ അത് മാറ്റി ഇവിടെ വെക്കുമെന്ന് പറഞ്ഞില്ല ഈ സോഫ അടുത്ത അടുത്തിട്ടേക്ക് എന്ന് പറഞ്ഞു ജോലിക്കാരൻ പറഞ്ഞു ഭഗവാൻ ചെയ്ത കാര്യമൊക്കെ കേട്ടുപോകും ഈ ജനങ്ങൾക്ക് നിങ്ങൾക്കൊരു ദൂരം വരുത്താനാണ് ഇങ്ങനെ ചെയ്തത് അവർ അടുത്തുകൂടെ വന്നു കഴിഞ്ഞാൽ മേലെ തൊടും പിന്നെയും ചളിയൊക്കെ മേലെയാവും എന്തോ ഒരു വാക്ക് പ്രയോഗിച്ചു അയാള് ഒരു ഒന്നും അറിവില്ലാത്ത ആളുകള് അറിവില്ലാത്ത ജനങ്ങള് കൂട്ടം കൂട്ടമായിട്ട് വരണോ അവർക്ക് വല്ലതും അറിയുമോ എന്നുള്ള മട്ടില് എന്തോ പറഞ്ഞു ഭഗവാനാണെങ്കിൽ അവർക്കൊക്കെ ദർശനം കൊടുത്തോണ്ടിരിക്കും ഓ അപ്പൊ നീ ഇവരൊക്കെ അറിവില്ലാത്ത പാമര ജനങ്ങള് സ്വാമി അവർക്ക് ദർശനം കൊടുക്കണു അങ്ങനെയാണെന്ന് വിചാരിക്കണത് വരക്കൂടും അവ അരുണാചല സ്വരൂപം സ്വരൂപം അവ ദർശനം നമുക്ക് കിടക്കണം അത് അത് ഇരുപ്പ് ഞാനിക്ക് വലിയ തിരക്ക് കാണുമ്പോ ധാരാളം ജനങ്ങളെ കാണുമ്പോ അത് വിശ്വരൂപ ദർശനം പോലെയാണ് അതിലൊരു എനർജിയാണ് എന്താന്ന് വെച്ചാൽ ഈശ്വരൻ എത്ര രൂപത്തിൽ വരണു അല്ലെ എത്ര കണ്ണിലൂടെ കാണുന്നു എത്ര ചെവിയിലൂടെ കേൾക്കണു വിശ്വത ചക്ഷുരൂത വിശ്വതോ മുഖോ വിശ്വത്തോ ഹസ്തൂത വിശ്വതസ്പാത് ഇതാ അങ്ങനെ പറന്ന് ഗ്രൗണ്ട് അറ്റം വരെ ആളുകളെ കാണുമ്പോ ഇത് വിശ്വരൂപ ദർശനമാണ് ഓരോരുത്തരുടെ ഉള്ളിലും ഇരുന്നു കൊണ്ട് ഹൃദയത്തിലിരുന്നു കൊണ്ട് അന്തര്യാമിയായിട്ട് കേൾക്കണത് ആ ആര് ഗീത ഉപദേശിച്ചു അതേ ശക്തിയാണ് അതെ ദേവനാണ് ഓരോരുത്തരുടെ ഹൃദയത്തിലിരുന്നു കേൾക്കുന്നത് ആ ദേവനാണ് ഇവിടുന്ന് പറയണത് പറയിപ്പിക്കണതും അവിടെ ഇരുന്ന് കേൾക്കണതും ഒക്കെ ശ്രവണം ചെയ്യണതുമൊക്കെ നമുക്ക് അറിഞ്ഞോ അറിഞ്ഞില്ലോ എന്നുള്ള കാര്യം വരെ അതാണ് നടക്കുന്നത് യോ അന്ത പ്രവിശ്യ പ്രസുപ്താം സഞ്ജീവയത്തി അഖിലശക്തിധരഹ സ്വധാംന അന്യാം ശഹസ്തചരണ് ശ്രവണത്വകാദീൻ പ്രാണാന് നമോ ഭഗവതേ പുരുഷായ തുവ്യം ആ അന്തര്യാമിയായ ദേവതയെ പരിണാമമില്ലാതിരിക്കുന്ന ആ സത്തിനെ ചൈതന്യത്തിനെ ബോധത്തിനെ ഏത് കണ്ണുകൊണ്ട് ഈ കണ്ണുകൊണ്ട് കാണാനൊക്കില്ല അറിവാകുന്ന കണ്ണുകൊണ്ടേ കാണാനൊക്കെ ഉള്ളൂ വെള്ളം എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണെന്ന ഒരു സയന്റിസ്റ്റും കണ്ടിട്ടില്ല റിവാകുന്ന കണ്ണുകൊണ്ടാണ് കാണുന്നത് അതങ്ങനെയാണെന്ന് തീരുമാനിച്ചു അതിനനുസരിച്ച് അതിൽ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്താൽ അത് അതിൻ്റെ സ്വഭാവം കാണിക്കും ഹൈഡ്രജൻ ഓക്സിജന്റെ സ്വഭാവം കാണിക്കും അല്ലേ അതേപോലെ നമ്മൾ സ്ത്രീകളെയും പുരുഷന്മാരെയാണ് കാണുന്നത് ആത്മാവനെയല്ല പക്ഷെ ആത്മാവാണെന്നുള്ള പ്രമാണമാകുന്ന കണ്ണുകൊണ്ട് കാണുമ്പോൾ അവിടുന്ന് അതും ആത്മാവായിട്ട് ഇങ്ങോട്ട് പ്രകാശിക്കും സ്ത്രീയെന്ന് കണ്ടാൽ സ്ത്രീയായിട്ട് പ്രകാശിക്കും പുരുഷൻ എന്ന് കണ്ടാൽ പുരുഷനായിട്ട് പ്രകാശിക്കും ഇഷ്ടപ്പെട്ടവരെന്ന് കണ്ടാൽ അതുപോലെ പ്രകാശിക്കും വെറുപ്പെന്ന് കണ്ടാൽ അതുപോലെ പ്രകാശിക്കും ഏ പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യഹം നമ്മൾ എങ്ങനെയോ അതുപോലെ തന്നെ ഒരു അമ്പലത്തിന്റെ കണ്ണാടി മണ്ഡപം ദർപ്പണ മണ്ഡപത്തിൻ്റെ ഉള്ളിൽ ഒരു നായകയറി ചുറ്റും കണ്ണാടിയാ മോളിലും ചോട്ടിലും വശത്തൊക്കെ കണ്ണാടി നായ നോക്കി ഒരു അമ്പത് നായ കൊരച്ചു അതും കുറച്ചു തിരിഞ്ഞു ഓടാൻ നോക്കിയാ ഇവിടെ ഒരു അമ്പത് നായ കൊരച്ചപ്പ അതും കൊരച്ചു ഈ നായ വിചാരിച്ചു ഇത് എന്ത് ലോകമാപ്പ മോളിൽ നിന്ന് കുറെ നായ്ക്കള് സൈഡിൽ നിന്ന് കൊറേ എല്ലാ വശത്തും നോക്കി കൊരച്ചുകൊണ്ടേ ഇരിക്കണം കൊരച്ച് കൊറച്ച് കുറച്ച് വീണു അതിനെ വാതില തുറന്നു ആരോ കിട്ടു അത് അലങ്കാരം ചെയ്ത് വന്നിട്ട് ആ ഇതൊക്കെ ഞാൻ തന്നെ ഇതൊക്കെ തന്നെ എന്റെ തന്നെയാണ് റിഫ്ലക്ഷൻ അതുപോലെ ജ്ഞാനിക്ക് വിശ്വം ദർപ്പണ ദർശ്യമാന നഗരീ തുല്യം ജഗത്ത് മുഴുവൻ താൻ എങ്ങനെയോ അതുപോലെയാണ് അവിടെ നിന്നും എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടൊന്ന് കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഇല്ലാതെ വരികയില്ല എന്തെങ്കിലും ഉണ്ടാവും നമുക്കറിയില്ല അൺകോൺഷ്യസ് ആയിട്ടെങ്കിലും ഉണ്ടാവും അതിനെയാണ് നോക്കേണ്ടത് പുറത്തുള്ള എലമെന്റ് മാത്രമല്ല അത് നോക്കണം ഉള്ളിൽ നിന്ന് അത് നികത്തണമെങ്കിലോ ഭാവം അവ്യയമേക്ഷതെ ആത്മാവ് മാത്രമേ ഉള്ളൂ മുഴുവൻ ആത്മസ്വരൂപമാണ് എല്ലാവരും ആത്മസ്വരൂപമാണ് യാതൊന്നു കാണ്പത നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്തതു നാരായണാർച്ചനകൾ യാതൊന്നിതൊക്കെ ഹരിനാരായണായനമാണ് സകലതും ആ നാരായണ സ്വരൂപമാണ് ആത്മാവാണ് അന്യമായ ഒന്നുമില്ല എന്ന് കേട്ടു നിശ്ചയിച്ചു മനനം ചെയ്തു നിധിധ്യാസനം ചെയ്ത് ആ അറിവെന്ന് പറയണത് ഒരു പവറായിട്ട് മാറുകയാണ് ഇവിടെ അനുസന്ധാനം എന്ന് പറയണത് ധ്യാനമായിട്ട് മാറി അതൊരു അനന്തമായ കണ്ണായിട്ട് മാറും എല്ലയില്ല കണ് നമ്മുടെ ഭഗവാൻ ഉള്ളത് നാൽപ്പതിൽ പറഞ്ഞു കണ് എന്ന് വെച്ചാൽ പരിധിയില്ലാത്ത അപരിമിതമായ ഒരു ദൃഷ്ടിവിശേഷം ആകാശകല്പജ്ഞാനം ആ കണ്ണുകൊണ്ട് ആ അറിവാകുന്ന കണ്ണുകൊണ്ട് സ്വീകരിക്കുകയാണ് നമ്മൾ അവരെ എത്ര ദുഷ്ടനാവട്ടെ അവനും അത് തന്നെയാണ് ഭാഗവതം ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ കംസൻ ഇവരെയൊക്കെ അവതരിപ്പിച്ചിട്ട് ഒരു സ്ഥലത്ത് ഭാഗവതം പറയണു അവരും ഒക്കെ തന്നെ ഭഗവാൻ തന്നെയാണ് ഇങ്ങനെ ഒരു റോൾ അവർക്ക് കൊടുത്തിരിക്കണോ അത്രയേ ഉള്ളൂ കംസൻ ഭയം കൊണ്ട് ഭഗവത് പ്രാപ്തി നേടി ഇരണ്യകശുപു ഇരണ്യാക്ഷനൊക്കെ സദാ സമാധിസ്ഥിതിയിലിരുന്നു എന്ന് നാരദൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ വെറുത്ത് വെറുത്ത് വെറുത്ത് വെറുത്ത് അത് തന്നെയാ നിരന്തരം അത് തന്നെയാ ധ്യാനം രാവണനും ധ്യാനം ചിലർക്ക് അങ്ങനെയുള്ള മെത്തേഡാണ് ചിലർക്ക് നിഷേധിക്കുന്ന മെത്തേഡാണ് ചിലർക്ക് സ്വീകരിക്കണ മെത്തേഡാണ് ചിലർ ഞങ്ങൾ ദൈവത്തിനെ സ്വീകരിക്കില്ല ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ ഇല്ല ഇല്ല എന്ന് പറയും തോറും എന്തിനാണ് നിഷേധിക്കുന്നത് നിഷേധിക്കുമ്പോ ബലമായിട്ട് ധ്യാനിക്കും അതുകൊണ്ടാണ് യുക്തിവാദവും നാസ്തികവും അവസാനം വന്ന് പണ്ട് നമ്മളോട് യുക്തിവാദം പറഞ്ഞിരുന്ന ചില ആളുകളൊക്കെ ഉണ്ട് ഒരു വളരെ വലിയ യുക്തിവാദിയായിട്ട് നടന്ന ഒരാള് ഈയിടെ ഒരു പച്ചക്കറി മാർക്കറ്റിൽ കടയിൽ നിൽക്കണത് പുറത്ത് നിക്കണത് കണ്ടു ഇവിടുന്ന് ഇതുവരെക്ക് ചന്ദനം കൂറിയിട്ടിരിക്കുന്നു ഞാൻ ഒന്നും ചോദിച്ചില്ല എന്താ യുക്തിക്ക് തന്നെ ഒരു യുക്തിയൊന്നുമില്ല എന്തിനെയാ നിഷേധിക്കണത് എക്സിസ്റ്റൻസ് ഹൗ ക്യാൻ യു ഡിനൈ എക്സിസ്റ്റൻസ് ദ വെരി നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ് ഇസ് ഡിഫൈ ഉപലബ്ധവ്യസ്ഥ ഉപലബ്ധാവി ഉണ്ട് എന്നുള്ള ഉണ്മയെ ആർക്ക് നിഷേധിക്കാൻ പറ്റും ഇരുപ്പിനെ ആര് നിഷേധിക്കാൻ നോക്കും ബോധത്തിനെ ആര് നിഷേധിക്കാൻ നോക്കും ചൈതന്യത്തിനെങ്ങനെ നിഷേധിക്കും ആ ചൈതന്യത്തിനെ കാണുന്നു യാവഭൂത ചേതനേത്യധീയത്തെ നമസ്തൈ നമസ്തോ നമീത ബുദ്ധിപേണ സംസ്ഥിത നമസ്ത നമസ്ത നമസ്ത നമോ നമീതാരൂപേ സംസ്ഥിത നിദ്രാരൂപേ സംസ്ഥിത സ്മൃതിരുപേണ സംസ്ഥിത ശക്തിരുപേണ സംസ്ഥിത ഭ്രാന്തി സംസ്ഥിത പ്രജ്ഞാരൂപേണ സംസ്ഥിത ശ്രദ്ധാറൂപേണ സംസ്ഥിത ലജ്ജാരൂപേണ സംസ്ഥിത എത്ര രൂപത്തിൽ എന്തൊക്കെ ഭാവങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാവണോ അതിനൊക്കെ മൂലമൊന്നാണ് കാരണം മനസ്സെന്ന് പറയണത് തന്നെ ആ ശക്തിയുടെ സ്വരൂപമാണ് ആ ശക്തിയോ ശക്തനായ ആത്മാവിൽ നിന്ന് ഭിന്നവുമല്ല മനസ്സെന്ന് പറയുന്നത് തന്നെ ആത്മാവിന്റെ ഒരു ശക്തി നമ്മൾ ജഗതീശ്വരി ദേവി എന്ന് പറയണത് മനസ്സ് തന്നെ ആ മനസ്സ് ബേസിക്കലി അത് ചൈതന്യസ്വഭാവത്തോടു കൂടിയതാണെന്ന് എപ്പോ തീരുമാനിച്ചു കഴിയണവോ അപ്പൊ അതിൽ വരണ ശക്തി വിശേഷങ്ങളൊക്കെ തന്നെ ആ ആത്മാവിന്റെ പ്രകടന രൂപങ്ങളാണെന്ന് അറിയുമ്പോ അത് നിർവിശേഷമായിട്ട് പോകും എന്നുവെച്ചാൽ വിശേഷങ്ങളാണ് നമ്മൾ ബുദ്ധിമുട്ടിക്കണത് ഇത് കാമമാണ് ഇത് കോപമാണ് ഇത് അസൂയയാണ് ഇത് ദ്വേഷാണ് എന്നൊക്കെ തോന്നുന്നു അല്ലേ അതിന്റെ ബേസിക് വിഷമെടുത്ത് കളഞ്ഞു കഴിയുമ്പോ എന്തായി പിന്നെ അത് എന്ത് വേഷം കെട്ടിയാലും ഒരു എഫക്റ്റും ഉണ്ടാവില്ല കാരണം അത് ഒരേ ഒരു സാധന എന്ത് വേഷം കെട്ടിയാലും ആൾ ആരാണെന്ന് നമുക്കറിയാം അത് ആത്മാവാണത് അത് ചൈതന്യസ്വരൂപമാണ് ഈ ഏകംഭാവം അഭ്യയീക്ഷത്തെ അങ്ങനെ നോക്കുമ്പോ എന്താ അതിനുള്ള ദൂഷ്യം പോയി പാമ്പ് വിഷപ്പല്ലെടുത്ത പോലെ അത് പോയി പിന്നെ आ, तो वावाता वावाता वावाता वावाता േ അപ്പൊ നോക്കൂ വ്യാസഭഗവാൻ ശുദ്ധനോ അശുദ്ധനോ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ലേ അദ്ദേഹം അശുദ്ധനാണെന്ന് അല്ലേ പക്ഷെ ഭാഗവതം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ മറ്റു പുരാണങ്ങൾ വായിച്ചു നോക്കിയാൽ ഒരുപാട് പാപങ്ങളെ വ്യാസൻ വർണ്ണിച്ചിട്ടുണ്ട് നരകങ്ങൾ ഇതൊക്കെ ഇന്നെന്നെ പാപം ചെയ്യുന്നവര് അവ സാധനം എല്ലാത്തിനും നിവൃത്തി ഞാനം കൊണ്ടും പറയുന്നുണ്ട് പക്ഷെ ഈ പാപമൊക്കെ പറയണെങ്കിൽ നമ്മൾ പല ആളുകളും ഈ പഠിച്ചിട്ട് പറയണേ ഇത് പഠിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന അറിയണത് തന്നെ ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് ഇത്രയും ഒക്കെ അറിയണമെങ്കില് അദ്ദേഹത്തിന് ഇതൊക്കെ അറിയണ്ടേ അപ്പൊ ഈ അറിവൊക്കെ ഒരാളുടെ ഉള്ളിൽ വന്നാൽ അയാളുടെ മനസ്സ് ദുഷിക്കില്ലേ ഈ ദുഷിച്ച നെഗറ്റീവായിട്ടുള്ള അറിവൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം എങ്ങനെ ഋഷിയായിട്ട് ഞാനിയായിട്ട് ഇരിക്കാൻ പറ്റും ഏകംഭാവം കരു എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് കംപ്ലീറ്റ് ആയിട്ട് അത് എല്ലാത്തിനെയും അബ്സോർവ് ചെയ്ത് ഒരറ്റ വടിവത്തിൽ നിർത്തി കളയും ഒന്നിനും ഒരു വിശേഷം ഇല്ല ഒന്നിനും ഒരു സ്പെഷ്യാലിറ്റി ഇല്ല എല്ലാരെയും അറിയാൻ ജ്ഞാനിക്ക് കഴിയുന്നത് എങ്ങനെയാ ഈ അവ്യയമായ ഏകമായ ജ്ഞാനം കൊണ്ടാണ് അറിവ് കൊണ്ടാണ് അത് മാതൃപത് പിതൃപത് ആചാര്യവത് അത് വേണ്ട സമയത്ത് ഉപദേശിക്കും വേണ്ട സമയത്ത് ആചാര്യനെ പോലെ ഉപദേശിക്കും വേണ്ട സമയത്ത് അച്ഛനെ പോലെ സംരക്ഷിക്കും വേണ്ട സമയത്ത് അമ്മയെപ്പോലെ പരിലാളനം ചെയ്യും അറിവെന്ന് പറയണത് പോലൊരു സാധനമല്ല അറിവ് അറിവ് നമ്മൾ പറയുമ്പോൾ പുസ്തകജ്ഞാനമല്ല ബോധം എന്ന് പറയുമ്പോൾ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം തെറ്റുവരും അതുകൊണ്ടാണ് അത് ഭഗവാൻ ഈശ്വര ആത്മാ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമാണ് അതിൽ നിന്നാണ് ഒരു ഒരു മാതൃത്വം ഉണ്ടാവണത് അത് അഭിഷപണം ചെയ്താൽ ഏത് ദിവ്യ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കറന്നെടുക്കാം എന്നാണ് ഭാഗവിതത്തിൽ പൃഥു ചെയ്യുന്നത് അതാണോ കറന്നെടുക്കും കറന്നെടുക്കും ആർക്കെന്ത് അത് കറന്നെടുത്തോളൂ എന്നാണ് അപ്പോ അറിവുള്ളവർ എന്ത് കറന്നെടുക്കും സാത്വികമായ കാര്യങ്ങളെ കറന്നെടുക്കും ശാന്തിയെ കറന്നെടുക്കും നിർവ്വാണത്തിനെ കറന്നെടുക്കും മുക്തിയെ കറന്നെടുക്കും ഭക്തിയെ കറന്നെടുക്കും സന്തോഷമായിട്ടിരിക്കേണ്ടതൊക്കെ കറന്നെടുക്കും പക്ഷെ ഇത് എന്ത് കറന്നെടുക്കാനും ഒരേ സോഴ്സ് തന്നെ ഒരു ന്യൂട്ടൺ ഒരു കണ്ടുപിടിച്ചത് ഇതേ സോഴ്സ് തന്നെ ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചത് ഇതേ സോഴ്സ് തന്നെ അതേ സോഴ്സിൽ നിന്ന് തന്നെയാണ് ഋഷികൾ ഇത് പെറുക്കിയെടുത്തത് നമുക്ക് എന്താ എടുക്കേണ്ടത് എന്നറിയില്ല അതാണ് നമ്മുടെ കുഴപ്പം ഒരു സദ്ഗുരുവിനെ സമീപിക്കുന്നത് എന്താന്ന് വെച്ചാ എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രഹ്ലാദനെടുത്ത് ഭഗവാൻ പറഞ്ഞു നിനക്ക് എന്താ വരം വേണ്ടെന്ന് ചോദിച്ചോളൂ പ്രഹ്ലാദൻ പറഞ്ഞു എനിക്കറിയില്ല ചോദിക്കാനറിയില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ അബദ്ധം ചോദിച്ചു പോകും ഭഗവാന് എനിക്ക് ചോദിക്കാൻ അറിയില്ല എന്തെങ്കിലും ആഗ്രഹം തോന്നാതിരിക്കട്ടെ അതെനിക്ക് തരുന്ന് ഞാൻ എന്തെങ്കിലും അബദ്ധം ചോദിക്കാതിരിക്കട്ടെ അതെനിക്ക് തരുന്ന് അപ്പൊ ഭഗവാൻ പ്രഹ്ലാദനെ ആശീർവദിച്ചു എന്താ ആശീർവാദം എന്ന് വെച്ചാൽ സർവഭൂതങ്ങളിലും ഏകവും അദ്വയവും അവ്യയവുമായ ആത്മാവിനെ കാണാനുള്ള ശക്തി ീ ജ്ഞാനം കൊണ്ട് നീ ഇരുപത്തിയൊന്ന് തലമുറയെ പവിത്രമാക്കി ചെയ്യുന്നു ഇങ്ങനെ ഒരാള് ജനിച്ചാൽ ആ പരമ്പര ആ ജീൻ ഉണ്ടല്ലോ ഇറ്റ് കാരി ഓഫ് എൻലൈറ്റു പറയണു മുണ്ടൊക്കെ ഉപനിഷത്ത് പറയണു ആ പരമ്പരയില് ജ്ഞാനികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് നഹ്മവിത് കുലേ ഭവതീ സർവഭൂതേഷനൈകം ഭാവം അവ്യയം ആ അറിവിനെ സ്ഫുടം ചെയ്ത് അതിലുള്ള ദോഷമൊക്കെ വടിച്ചെടുത്ത് കളയാ ഭഗവാൻ ഭഗവാൻ ടോക്സ് വിത്ത് മഹർഷിയിലെ ഒരു വാക്കാണ് വാട്ട് ഈസ് ഗോഡ് എന്ന് ചോദിച്ചപ്പോൾ shines for reveals itself as a god or no ullilu la vasanagal okka angade nivartipichu kanyapo ullinu kadhigi kalinyapo aa bodham chaitanyam chitt adu ullilu pragasikano aa chittu kannilude porthakke vanna cheviyilude nammude arivine muluvanum aa center aa prama influence മനസ്സിൽ എന്തെങ്കിലും സങ്കല്പുണ്ടെങ്കിൽ ആ സങ്കല്പം അറിവിനെയൊക്കെ കളങ്കപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നമ്മളുടെ സ്വഭാവമാണത് ഹെൽത്ത് എക്സസൈസ് എടുത്തുള്ള ആളുകള് അവർക്ക് ഹെൽത്താണ് മുഖ്യമെന്ന് നോക്കുന്ന ആളുകള് ഒരു ഇതുപോലെ ഒരു ഗീതായജ്ഞത്തിൽ വന്നാൽ എല്ലാവരെയും നോക്കിക്കൊണ്ടേയിരിക്കും എങ്ങനെയുണ്ട് സൗന്ദര്യമാണെങ്കിൽ അത് നോക്കിക്കൊണ്ടേയിരിക്കും ഒരു സ്വർണം വള മാല ആരൊക്കെ എന്തൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കണോ നോക്കിക്കൊണ്ടേ മൈൻഡ് സോ പെറ്റിങ് അത് അറിവിനെ കളങ്കപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ആരൊക്കെ എന്തൊക്കെ ഡ്രസ്സ് ഇട്ടിരിക്കണോ ആരെന്തൊക്കെ അല്ലേ അത് മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കും സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും എന്തിനും പുറകിലും അത് അതിന്റെ ബുദ്ധി കാണിക്കും അതിന്റെ വാസന സംസ്കാരം അന്ന് ഇത്തിരി കലക്കും അത് മുഴുവൻ കഴുകിയെടുത്ത് കഴിയുമ്പോ ഇന്ദ്രിയങ്ങളിലൂടെ കാണപ്പെടുന്ന വിശ്വമുണ്ടല്ലോ ഈ ജഗത്ത് അത് ഇതേപോലെ തന്നെ ഇരിക്കും പക്ഷേ ഇതം ഹി വിശ്വം എന്ന് കാണും ഈ വിശ്വമുണ്ടല്ലോ ഇത് മുഴുവൻ വിഷ്ണുവാണ് ഇത് നാരായണനാണ് ഇത് ഭഗവാനാണ് അങ്ങനെ അല്ല തോന്നണത് ഒരു അറിയായ്മ കൊണ്ട് അജ്ഞാനം കൊണ്ടാണ് ആ അജ്ഞാനം കണ്ട് നിവർത്തിപ്പിച്ചു അവ്യയം ജ്ഞാനം ഈക്ഷത്തെ അവ്യയമായിട്ടുള്ള മാറാതെ ഇരിക്കുന്ന ഒരു സോഴ്സ് കണ്ടു എല്ലാം വിഭക്തം എല്ലാം വേറെ ഇരിക്കുമ്പോഴും വേർ പിരിയാതിരിക്കുന്ന വസ്തുവിനെ കണ്ടു ആ ജ്ഞാനം സാത്വികം ജ്ഞാനം സർവഭൂതൂത ഭാഗവതത്തിന്റെ ലക്ഷ്യം അതാണ് ഭാഗവതത്തിൽ നോക്കിയാൽ ഭക്തി എന്ന് പറഞ്ഞത് അതാണ് ഭക്തി എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ സർവഭൂതേഷു യഹ് പശ്യേത് ഭഗവത്ഭാവം ആത്മനഹം ഭൂതാനി ഭഗവതി ആത്മനിഷ ഭാഗവതോത്ത പോയി സർവഭൂതേഷു യഹ് भगवद्भावं। ഭഗവത്ഭാവം ഭഗവത്ഭാവ ഭഗവാനെ സർവഭൂതങ്ങളുടെ ഉള്ളിലും കാണുന്നു ഒരു ആശയമായിട്ട് ഒരു ഐഡിയ ആയിട്ടെങ്കിലും ഇത് എടുത്താൽ നന്നായി ഓൺലി എസ് എൻ ഐഡിയ അത് എടുത്താൽ പോലും എത്ര നന്നായി ആരോടെങ്കിലും വെറുപ്പോ ദ്വേഷമോ വരുമ്പോ അവരുടെ ഉള്ളിൽ അന്തർയാമിയായി ഭഗവാനുണ്ട് ഭഗവാനെടുത്ത് പെറുക്കാൻ പഠന എല്ലാറ്റിനുള്ളിലും ഉണ്ട് ബ്രഹ്മാതി ാന്തനുഷു തം ച ഭാവം അവിഭക്തം പ്രതിദേഹം വിഭക്തേഷു ദേഹഭേദേഷു ഓരോ ദേഹത്തിൽ നിന്നും വേറെ വേറെ ദേഹമുള്ളപ്പോ ആത്മവസ്തു വ്യോമവത് നിരന്തരം ആകാശം പോലെ നിരന്തരമായിട്ടുള്ള ആത്മവസ്തുവിനെ ആര് കാണുന്നു ശങ്കരാചാര്യർ പറഞ്ഞു അതാണ് അദ്വൈതാത്മദർശനം അദ്വൈതാത്മദർശനം വിദ്യ അതാണ് യാനി ദ്വൈതദർശന ദ്വൈതികളുടെ ദർശനങ്ങൾ പലതുണ്ട് സിദ്ധാന്തങ്ങള് അസമ്യക്ൂതാനി അതൊക്കെ രാജസാനി താമസാനിച്ച് സാക്ഷാത് സംസാര ഉച്ചിത്തയെ ഭവന്തി ദ്വൈത ദർശനങ്ങൾ ഒന്നും തന്നെ എന്തൊക്കെ തന്നെ നമ്മൾ അതിൽ ലാളിച്ചാലും അതൊന്നും സംസാര വ്യാധിയെ നിവർത്തിപ്പിക്കാൻ പോരാ എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞത് അതൊക്കെ എന്തൊക്കെയാണെങ്കിലും ഭേദമുള്ളവരക്കും രാഗദ്വേഷം ഉണ്ടാവും സംസാരം എന്ന് പറയുന്ന വ്യാധി ഒരു ഡോറുകൂടെ പോയിട്ട് വേറെ ഒരു ഡോറ് കൂടെ ഉള്ളിലേക്ക് വരും അത് നിവർത്തിപ്പിക്കാനുള്ള വഴിയാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഗീതയുടെ താൽപര്യം അതാണ് ശങ്കരാചാര്യര് ഭാഷ്യക്കാരൻ പറയണത് എന്താ ഗീതയുടെ പർപ്പസ് എന്ന് വെച്ചാൽ സംസാരസ്യ അത്യന്ത ഉപരമം ലക്ഷണം ജ്ഞാനം ഈ ദുഃഖം സംസാരം എന്ന് പറയുന്ന ഈ ബേസിക് യൂണിവേഴ്സൽ പ്രോബ്ലം അത് ഗവൺമെന്റ് മാറിയത് കൊണ്ടൊന്നും അത് നിയമങ്ങൾ മാറ്റിയത് കൊണ്ടൊന്നും മാറില്ല ഒരു ജാതിയിൽ നിന്ന് വേറെ ഒരു ജാതിയിലേക്കോ ഒരു മതത്തിൽ നിന്ന് വേറെ ഒരു മതത്തിലേക്കോ മാർഗം കൂടിയത് കൊണ്ടൊന്നും ഇങ്ങനെ ഇടുന്നതിന് പേര് ഇങ്ങനെ ഇട്ടാലോ ഇങ്ങനെ ഇടുന്നതിന് പേര് ഇങ്ങനെ ഇട്ടാലോ ഊർധ്വുണ്ട്രം ഭസ്മമാക്കോ ഭസ്മം ഊർദ്ധ്വുണ്ട്രമാക്കോ ഒന്നും മാറില്ല അസ്ത്രത്തിന്റെ കളറ് മാറ്റിയാ മാറില്ല പേര് മാറ്റിയാ മാറില്ല എപ്പോ ഈ അറിവ് ആത്മ അനുഭൂതി ശരീരം മനസ്സ് ബുദ്ധി ഇതൊന്നുമല്ലാതെ ഇതുകൊണ്ടൊന്നും ബാധിക്കപ്പെടാതിരിക്കുന്ന ഒരു അധിഷ്ഠാനം വ്യോമവതിനിത്യനിരന്തരം ആകാശം പോലെ അപരിമിതമായ സത്തിനെ തൻ്റെ ഉള്ളിൽ ദർശിക്കുന്നുവോ അവൻ ബുദ്ധനാണ് അവൻ ജീവൻ മുക്തനാണ് ബുദ്ധൻ എന്ന് വെച്ചാൽ ബുദ്ധൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയെല്ലാം ഞാൻ പറയണത് ജീവൻ മുക്തനാണ് ആത്മതത്വ ജ്ഞാനം ഉണ്ടായ മുക്തപുരുഷൻ ആ ജ്ഞാനമാണ് എല്ലാ ദുഃഖത്തിനുമുള്ള നിവൃത്തി ബ്രാഹ്മിസ്ഥിതി എന്ന് പറഞ്ഞു ബാക്കിയൊന്നും ഭേദമുണ്ടെങ്കിൽ അതിന്റെ കുഴപ്പം എന്താ രജോ ഗുണത്തു നിന്നും തമോ ഗുണത്തു നിന്നും ഭേദബുദ്ധി വരും അതുകൊണ്ടാണ് ഋഷികളെ സത്വഗുണത്തിനെ വളർത്താൻ നോക്കിയത് സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവും രജോ നിന്ന് അനുസ്യൂതം പ്രവൃത്തി ഉണ്ടാവും രജോ ഗുണമാണ് ഒരാളുടെ ഉള്ളിലുള്ളതെങ്കിൽ അത് ഏതിനെയും ബിസിനസ് ആക്കാനും പ്രവൃത്തിയാക്കാനും വ്യാപാരത്തിൽ കൊണ്ടുവരാനും നോക്കും തമോ ഗുണമാണെങ്കിൽ അലസമാക്കി ഉണ്ടാവില്ല ഇമ്പാക്ട് ഉണ്ടാവില്ല അതാണ് ഇനി പറയാൻ പോണത് ആദ്യം നമ്മൾ സത്വഗുണത്തിനെ നല്ലവണ്ണം നിരൂപണം ചെയ്തു ആത്മജ്ഞാനം